ം ഒൻപത് ശബാരാജ്ഞി ശലോമോന്റെ കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ ശലോമോനെ പരീക്ഷിക്കേണ്ടതിന് അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഒട്ടകങ്ങളോടും കൂടെ യെരുസലേമിൽ വന്നു അവൾ ശലോമോന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിച്ചു അവളുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു സമാധാനം പറവാൻ കഴിയാതെ ഒന്നും ശലോമോന് മറപ്പൊരുളായിരുന്നില്ല ഷേബാരാജ്ഞി ശലോമോന്റെ ജ്ഞാനവും അവൻ പണിത അരമനെയും അവന്റെ മേശയിലെ ഭക്ഷണവും അവന്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവന്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവന്റെ പാനപാത്ര വാഹകന്മാരെയും അവരുടെ ഉടുപ്പിനെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരുന്ന പോയി അവൾ രാജാവിനോട് പറഞ്ഞത് എന്തെന്നാൽ നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എന്റെ ദേശത്തു വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ ഞാൻ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണും വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല എന്നാൽ നിന്റെ ജ്ഞാനമാഹാത്മ്യത്തിന്റെ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ട കേൾവിയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു നിന്റെ ഭാര്യമാർ ഭാഗ്യവതികൾ നിന്റെ മുമ്പിൽ എല്ലായ്പ്പോഴും നിന്ന് നിന്റെ ജ്ഞാനം കേൾക്കുന്ന ഈ നിന്റെ ഭൃത്യന്മാരും ഭാഗ്യവാൻമാർ നിന്റെ ദൈവമായ ഹോവയ്ക്കുവേണ്ടി രാജാവായിട്ട് തന്റെ സിംഹാസനത്തിൽ നിന്നെ ഇരുത്തുവാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്ന നിന്റെ ദൈവമായ ഹോവ വാഴ്ത്തിപ്പെട്ടവൻ നിന്റെ ദൈവം ഇസ്രയേലിനെ എന്നയ്ക്കും നിലനിൽക്കുമാറാക്കേണ്ടതിന് അവരെ സ്നേഹിച്ചതുകൊണ്ട് നീതിയും ന്യായവും നടത്തുവാൻ നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു അവൾ രാജാവിന് നൂറ്റി ഇരുപത് പൊന്നും അനവധി സുഗന്ധവർഗവും രത്നവും കൊടുത്തു ഷേബാരാജ്ഞി ഷലോമൻ രാജാവിന് കൊടുത്തതുപോലെയുള്ള സുഗന്ധവർഗം പിന്നെ ഉണ്ടായിട്ടില്ല ഓഫീസിൽ നിന്ന് ൊണ്ടുവന്ന ഹൂരാമിന്റെ ദാസന്മാരും ശലോമോന്റെ ദാസന്മാരും ചന്ദനവും രത്നവും കൊണ്ടുവന്നു രാജാവ് ചന്ദനമരം കൊണ്ട് യഹോവയുടെ ആലയത്തിനും രാജധാനിക്കും അഴികളും സംഗീതക്കാർക്ക് കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കി പണ്ട് യഹൂദദേശത്ത് അശേഷം കണ്ടിട്ടില്ല ശബാരാജ്ഞി രാജാവിന് കൊണ്ടുവന്നതിൽപരമായി അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതുമൊക്കെയും ശലോമോൻ രാജാവ് അവൾക്ക് കൊടുത്തു അങ്ങനെ അവൾ തന്റെ കൃത്യന്മാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി സഞ്ചാര വ്യാപാരികളും കച്ചവടക്കാരും കൊണ്ടുവന്നതുകൂടാതെ ശലോമോന് ഓരോ ആണ്ടിൽ വന്നിരുന്ന പൊന്നിന്റെ തൂക്കം അറുന്നൂറ്റി അറുപത്തി ആറ് താലന്തായിരുന്നു അരഭ്യരാജാക്കന്മാരൊക്കെയും ും ശലോമോന് പൊന്നും വെള്ളിയും കൊണ്ടുവന്നു ശലോമോൻ രാജാവ് പൊൻപലകൊണ്ട് അറുനൂറ് ശേഖൽ പൊൻപലക അവൻ പൊൻപലകൊണ്ട് മുന്നൂറ് ചെറുപരിചയും ഉണ്ടാക്കി ഓരോ ചെറുപരിചയ്ക്ക് മുന്നൂറ് ശേഖൽ പൊന്ന് ചെലവായി രാജാവെ ലബാനോൻ വനഗ്രഹത്തിൽ വെച്ചു രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനമുണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു സിംഹാസനത്തോട് ചേർത്തുറപ്പിച്ചതായി ആറ് പതനവും പൊന്നുകൊണ്ട് ഒരു പാതപീഠവും ഉണ്ടായിരുന്നു ഇരിപ്പിടത്തിന്റെ ഇരുഭാഗത്തും ഓരോ കൈത്താങ്ങലും കൈത്താങ്ങലിനരികെ നിൽക്കുന്ന രണ്ട് സിംഹവും ഉണ്ടായിരുന്നു ആറു പതനത്തിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി പന്ത്രണ്ട് സിംഹം നിന്നിരുന്നു ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ശലോമോൻ രാജാവിന്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും ലബാനോൻ ഗ്രഹത്തിലെ ഉപകരണങ്ങളൊക്കെയും തങ്കം കൊണ്ടും ആയിരുന്നു വെള്ളിക്ക് ഷലോമോന്റെ കാലത്ത് വിലയില്ലായിരുന്നു രാജാവിന്റെ കപ്പലുകളെ ഹൂരാമിന്റെ ദാസന്മാരോടുകൂടെ തർച്ചീസിലേക്ക് അയച്ചിരുന്നു മൂവാണ്ടിലൊരിക്കൽ തർഷീസ് കപ്പലുകൾ പൊന്ന് വെള്ളി ആനക്കൊമ്പ് കുരങ്ങ് മൈൽ എന്നിവയെ കൊണ്ടുവന്നു ഇങ്ങനെ ശലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിലും വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു ദൈവം ശലോമോന്റെ ഹൃദയത്തിൽ കൊടുത്ത ജ്ഞാനം കേൾപ്പാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവന്റെ മുഖദർശനം അന്വേഷിച്ചു വന്നു അവരിൽ ഓരോരുത്തരും ആണ്ടുതോറും താന്താന്റെ കാഴ്ചയായിട്ട് വെള്ളിപ്പാത്രം പൊൻപാത്രം വസ്ത്രം ആയുധം സുഗന്ധവർഗ്ഗം കുതിര കോവർക്കഴുത എന്നിവയെ കൊണ്ടുവന്നു ശലോമോന് കുതിരകൾക്കും രഥങ്ങൾക്കും നാലായിരം ലായവും പന്തിരായിരം കുതിരച്ചേവകരും ഉണ്ടായിരുന്നു അവരെ അവൻ രഥനഗരങ്ങളിലും യരുഷലേമിൽ രാജാവിന്റെ അടുക്കലും പാർപ്പിച്ചിരുന്നു അവൻ നദി മുതൽ ഫിലിസ്തീയദേശം വരെയും മിസ്രൈമിന്റെ അതിർത്തി വരെയുമുള്ള സകല രാജാക്കന്മാരുടെയും മേലും വാണു രാജാവ് എരുഷലേമിൽ വെള്ളിയ പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരുവിനെ താഴ്വീതിയിലെ കാട്ടത്തിമരം പോലെയും ആക്കി മിസ്രൈമിൽ നിന്നും സകലദേശങ്ങളിൽ നിന്നും ശലോമോന് കുതിരകളെ വാങ്ങിക്കൊണ്ടുവരും മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം നാഥാൻ പ്രവാചകന്റെ വൃത്താന്തത്തിലും ഷീലോന്യനായ അഹിയാവിന്റെ പ്രവാചകത്തിലും നബാത്തിന്റെ മകനായ യോരോബയാമിനെപ്പറ്റിയുള്ള ഇദ്ദോ ദർശകന്റെ ദർശനങ്ങളിലും എഴുതിയിരിക്കുന്നുവല്ലോ ഷലോമോൻ യെരുഷലേമിൽ എല്ലാ ഇസ്രയേലിനും നാൽപ്പത് സംവത്സരം രാജാവായിരുന്നു പിന്നെ ഷെലോമോൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ തന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു അവന്റെ മകനായ രഹബയാം അവനു രാജാവായി